വേദഗ്രന്ഥത്തിൽ നിന്ന് നിനക്ക് വെളിപ്പെടുത്തപ്പെട്ടത് നീ ഓതുക നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക തീർച്ചയായും നമസ്കാരം മ്ലേച്ഛതകളിൽ നിന്നും നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും തടയുന്നു അള്ളാഹു സുബഹാനഹുവാലയെ സ്മരിക്കലാണ് ഏറ്റവും മഹത്തായ കാര്യം നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു സുബഹാനഹുവാല അറിയുന്നു